in the night of me. गुरु परम रेस सेवितुं येनापुंच प्रति बोधं विदितं मतम अमरतत्त्वं भि विन्दते आत्मना विन्दते विचिं विद्या विन्दते मृतं വിഷയീ പ്രതിബുധ്യത്തെ പ്രത്യേഷതയാ ലക്ഷ്യത്തിയത്മനോ വിജ്ഞാ പ്രത്യകാത്മതയം ദർശനം അതിൻ്റെ ഭാഷമാണ് ഇതുവരെ വായിച്ചത് ഭാഷകാരൻ പറഞ്ഞ് ദർശനം സമ്യക് ദർശനമാണ് മതം എന്ന് പറഞ്ഞാൽ ഇവിടെ ദർശനം എന്നാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് പറഞ്ഞു യഥാ തഥാ തഥാ ബ്രഹ്മവിദ്യതം തഥാ തത് സമയക് ദർശനം തഥാ തത്മത യഥാ തഥാ അവിടെ കൂടിച്ചേർത്തോടെ അവിടെ കൂടിച്ചേർത്തു യഥാ വിജിതം തഥാ തത് സമയക് ദർശനം എപ്പോഴാണോ അതിനങ്ങനെ അറിയുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ അതങ്ങനെ അറിയപ്പെടുന്നത് അപ്പോൾ അത് സമയക് ദർശനമായി ആത്മദർശനമായി അല്ലെങ്കിൽ ബ്രഹ്മദർശനമായി യഥാർത്ഥാനുഭവമായി അപരോക്ഷജ്ഞാനമായി എന്നൊക്കെ പറയാം ഇപ്പോ പ്രതിബോധവിദ്യതം യഥാ തഥാ തത്സമ്യ ദർശൻ പ്രതിബോധവിദിതമാകുന്നത് എന്ത് ബ്രഹ്മം ബ്രഹ്മം പ്രതിബോധവിദ്യുതമാകുന്നത് എപ്പോഴാണോ അപ്പോൾ അത് സമ്യക് ദർശനമായി യഥാർത്ഥാനുഭവമായി എന്നാണ് ആത്മാനുഭവമായി ബ്രഹ്മത്തെക്കുറിച്ച് ഉള്ള എന്നാണ് പ്രതിബോധവിജിതം ഇങ്ങനെ വ്യാഖ്യാനിച്ചു ഓരോ ബോധത്തിലും എന്ന് പറഞ്ഞാൽ സർവബോധത്തിലും സർവബോധത്തിലും എപ്പോഴാണോ ബ്രഹ്മം വിജിതമാകുന്നത് അതാണ് അതിൻ്റെ സാമാന്യർത്ഥം സർവബോധത്തിലും എപ്പോഴാണോ ബ്രഹ്മം വിചിതമാകുന്നത് അപ്പോൾ അത് യഥാർത്ഥ ബ്രഹ്മാനുഭവമായി എന്നാണ് ഓരോ ബോധത്തിലും എങ്ങനെ അത് വിചിതമാകണം എങ്ങനെ അറിയപ്പെടണം അതിന് ഭാഷകാരൻ പറഞ്ഞു പ്രത്യേകങ്ങളുടെയും സർവബോധങ്ങളുടെയും സർവബോധം എന്ന് പറഞ്ഞ സർവർവം ഉദാഹരണം ജാഗ്രത തന്നെ ജാഗ്രത്വ സ്വപ്നമായ ഏതായാലും മുഖ്യമായ ജാഗ്രത് ജാഗ്രതത്തിലെ ഈ സർവ്വ അനുഭവങ്ങളും ജാഗ്രതയിലെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ജാഗ്രത വേറെ അനുഭവം വേറെ എങ്ങനെയുണ്ട് ജാഗ്രത് തന്നെ ഒരു അനുഭവമാണ് ജാഗ്രതത്തിലെ അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞ് സർവാനുഭവങ്ങൾ അതുകൊണ്ട് പ്രതിബോധം എന്ന് പറഞ്ഞു പ്രതിബോധം എന്ന് പറഞ്ഞാൽ സർവബോധം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം തന്നെ സർവബോധവും വെച്ചാൽ വസത്തെ ജാഗ്രത് പിന്നെ നമുക്ക് ഒരു ബോധമെന്ന് പറയാം സ്വപ്നത്തിന് മറ്റൊരു ബോധമെന്ന് പറയാം സുഷുതിയെ മറ്റൊരു ബോധമെന്ന് പറയാം പക്ഷെ ജാഗ്രത് എന്നുള്ള നിലയ്ക്ക് അത് ഏകമാണെങ്കിലും അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രതിബോധമെന്നു പറയും ആ സർവബോധങ്ങളിലും ബ്രഹ്മത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞെന്താണോ സർവ പ്രത്യദർശി അങ്ങനെ അറിയില്ല അത് തന്നെയാണ് സർവപ്രത്യ പ്രത്യേകാത്മാ അത് തന്നെ പറയുന്നത് സർവപ്രത്യ സാക്ഷി അങ്ങനെ അറിയണം ബ്രഹ്മത്തെ ഭാഷ്യത്തിൽ ഭാഷകാരൻ ഇപ്പോഴും ശ്രമിക്കുന്നത് എന്താണ് ബ്രഹ്മം എന്നുള്ളത് വെളിപ്പെടുത്താനാണ് എന്താണ് ബ്രഹ്മം എന്നുള്ളത് ശ്രുതി വെളിപ്പെടുത്തുന്ന ബ്രഹ്മം അതെന്താണ് ബ്രഹ്മം എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ സാധാരണ ചരച്ചയ്ക്ക് വരുന്ന കാര്യമുണ്ടാവും ശ്രുതിയും ഭാഷകാര ശ്രുതി മാത്രമേ ആണ് വെളിപ്പെടുത്തുന്നുള്ളൂ അതല്ലാതെ നമ്മുടെ ചർച്ചയ്ക്ക് വരുന്ന ഒരു കാര്യമുണ്ട് പെരും അതിനെ വെളിപ്പെടുത്തുക അതാണ് ഭാഷ ശ്രുതിയുടെ സഹായമില്ലാതെ തന്നെ വരുന്നതാണ് ആത്മാവ് ആത്മാവ് നമ്മുടെ ചിന്തക്ക് വിഷയമാകുന്നത് ശ്രുതിയുടെ ആവശ്യം നമ്മൾ ചിന്ത കാര്യമാണ് ആത്മാവ് പലതരത്തിൽ അതിന് ചിലപ്പോൾ നമ്മൾ ശരീരമായിട്ട് ധരിച്ചെന്നിരിക്കും മറ്റെന്തെങ്കിലുമായി ധരിച്ചെന്നിരിക്കും അത് സഹജമായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അഹം എന്നുള്ള ബോധം അത് ശ്രുതിയിലൂടെയെല്ലാം നമ്മൾ അറിയുന്നു സ്വയം അറിയുന്നു മറ്റൊന്നിൻ്റെ സഹായമില്ലാതെ സ്വബോധം തന്നെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് അത് സഹജമാണ് ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത ആത്മാവിനെ കുറിച്ചുള്ള ചർച്ച സ്വാഭാവികമായും വരുന്നതാണ് പിന്നെ ഭക്ഷ്യകാരൻ എന്താ ചെയ്യുന്നത് വിശ്രുതി വെളിപ്പെടുത്തുന്ന ആത്മാവ് താൻ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവ് ഇത് രണ്ടും ഒന്നു തന്നെ ശ്രുതി ബ്രഹ്മം എന്ന് പറയുന്നത് തന്നെയാണ് താൻ സദാ സ്വയം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് അത് ബോധ്യപ്പെടുത്താണ് പക്ഷേ കാര്യം ഇത് രണ്ടും ഒന്നാണെന്ന് പറയും അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വിജിതം ബ്രഹ്മ യഥാ കഥ ആ ബ്രഹ്മത്തെ ശ്രുതി ബോധിപ്പിക്കുന്ന ബ്രഹ്മത്തെ എപ്പോഴാണോ പ്രത്യേകാത്മാവായി അങ്ങനെ സർവപ്രത്യക സാക്ഷിയായി സർവപ്രത്യ ദർശിയായി അറിയുന്നത് ഇതിനെ രണ്ടിനെയും കൂട്ടിമുട്ടിക്കുക അതാണ് ഭാഷ്യത്തിന്റെ ഫലം ഭാഷക്കാരന്റെ ജോലി അതാണ് അതിന് ഇവിടെ ശ്രുതി പറയുന്ന ളിതമായ മാർഗം ഇതാണ് സർവബോധവും ആർക്കാണോ വിഷയമായിരിക്കുന്നത് സർവവിഷയങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ബോധത്തിന് വിഷയമായിരിക്കുന്നു സർവബോധങ്ങളും ആർക്കാണോ വിഷയമായിരിക്കുന്നത് സർവബോധങ്ങളെയും ആരാണോ സദാ സാക്ഷാത്കരിക്കുന്നത് ബോധത്തെ സാക്ഷാത്കരിക്കുന്നവൻ അതാണ് ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്ന ബ്രഹ്മം അതിനെ തന്നെയാണ് ആത്മാവെന്ന് പറയുന്നത് ഇതാണ് സമ്യക് ദർശനം ആത്മദർശനം എന്നാണ് പ്രതിബോധവിദിതം മതം പ്രതിബോധവിദിതമാണ് സമ്യക് ദർശനം എന്തിനെ സംബന്ധിച്ചുള്ള ആത്മാവിനെ സംബന്ധിച്ചുള്ള ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള സംശനം അപ്പൊ അവിടെ സർവബോധത്തിലും ആത്മാവിനെ സാക്ഷാത്കരിക്കുകയാണോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ബോധങ്ങളും കടന്നു പോകുമ്പോ നമ്മളെ മനസ്സ് തന്നെ ബോധമൊന്നും മനസ്സെന്നും പറയുന്ന ബോധമൊന്നും മനസ്സൊന്നോ അറിവെന്നോ ശബ്ദങ്ങൾ മാറ്റി മാറ്റി പറയുന്നു ഇതിങ്ങനെ കടന്നു പോകുമ്പോ നമ്മൾ ധരിക്കുന്നെന്താണോ എന്റെ മനസ്സിൽ അറിവുണ്ടായി അല്ലെങ്കിൽ പറയും എന്റെ ഉള്ളിൽ അറിവുണ്ടായി എന്നാണ് നമ്മൾ ധരിക്കുന്നത് പക്ഷെ ഈ അറിവുണ്ടാകുന്നത് മനസ്സിലല്ല മനസ്സിൽ മനസ്സ് സ്വയം അറിവാണ് മനസ്സിൽ വിശേഷിച്ചറിവുണ്ടാകുന്നില്ല ഈ അറിവിനെ തന്നെയാണ് മനസ്സെന്നും പറയുന്നു എന്നാൽ ഈ അറിവിന് ഉണ്ടാകാനും മറയാനും അതിന് ഉയർന്നു വരാനും മറഞ്ഞു പോകുന്നത് അതിന് പ്രത്യക്ഷമാകാനും അപ്രത്യക്ഷമാകാനും ഒരിടമുണ്ട് ഈ അറിവ് എവിടെയാണിങ്ങനെ നൈരന്തര്യമായി പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു ആ സ്ഥാനം അതിനുള്ള അറിവിന്റെ സ്വരൂപം എന്ന് പറയുന്നു കാരണം ഇത് അറിവാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല ഈ ബോധം അതിന്റെ കാര്യത്തിൽ സംശയമില്ല കാരണം അത് സ്വയം പ്രകാശിക്കുന്നതാണ് അറിവിനെ തിരിച്ചറിയാൻ മറ്റൊന്നിൻ്റെ സഹായം ആവശ്യമാണ് ഇത് അറിവാണ് കാരണം പറയുന്നു ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് പല അറിവുകൾ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നമ്മൾ പറയും എന്താണോ അറിവ് എന്നിൽ സംഭവിക്കുന്നു ഞാൻ അറിവുള്ളവനാണ് നമ്മുടെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവിന് ഒരാധാരമുണ്ടെന്ന് നമ്മളറിയുന്നു എവിടെയാണ് ഈ അറിവുകൾ മാറി മാറി സംഭവിക്കുന്നത് എന്നിൽ ജലത്തിൽ തിരകൾ സംഭവിക്കുന്നത് പോലെ തിരകൾക്ക് ആധാരം എന്താണ് ജലം തന്നെ തിരകളും ജലമയമാണ് അതുപോലെ എന്നുള്ള അറിവ് ഇങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ തിരിച്ചറിയുന്നതിന് എനിക്ക് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ട് അത് സ്വയം അറിവായിരിക്കുന്നത് അതാണ് അറിവിനെ സ്വയം പ്രകാശം പക്ഷെ അവിടെ നമ്മൾ ഒന്നറിയുന്നു എന്താണോ ഈ അറിവിൻ്റെ ഒരു ആധാരമുണ്ട് എന്തുകൊണ്ട് ഈ അറിവ് എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അറിവ് ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറി മാറി പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് അതിനെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് സ്വർത്തി എവിടെയാണോ ഈ അറിവ് ഇങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അസുഖാനുഭവണോ അതും അതാണ് സർവപ്രത്യേക ദൃശി സർവപ്രത്യേക ദൃശ്യായിരിക്കുന്ന അതാണ് താൻ അത് പ്രത്യേകിച്ച് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് കാരണം സ്വയം ഞാൻ അറിയുന്നുണ്ട് എന്നിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തരംഗങ്ങൾ അത് ജലമയമാണോ അതിനെ ആ ജലത്തിൽ നിന്ന് എങ്ങനെ പറ്റും അതിന് ചലനമുണ്ട് എന്നതുകൊണ്ട് മാത്രം തന്നെ വേർതിരിക്കാൻ ആ തരംഗങ്ങളുടെ പ്രത്യക്ഷരവുമായിരിക്കുന്ന ജലം തന്നെ രണ്ടിനെയും വേർതിരിക്കാൻ വയ്യ തരംഗത്തിന്റെ ജലം ജലത്തിന്റെ ജലം അങ്ങനെ രണ്ടില്ല തരംഗരഹിതമായ ജലവും തരംഗജലവും രണ്ടും ഒന്നു തന്നെ അതുപോലെ ഈ അറിവ് ഈ മാറുന്ന അറിവ് ആ മാറുന്ന അറിവ് എവിടെയാണോ നിൽക്കുന്നത് ആ അറിവ് എന്നെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ മാറുന്ന അറിവിനെയും ഞാൻ ദർശിക്കുന്നു ദർശനമെന്ന് പറയുന്നതാണ് അറിവിന്റെ സ്വഭാവം അറിയില്ല എന്നുള്ളതാണ് അറി അറിവിന്റെ സ്വഭാവം അപ്പം മാറുന്ന അറിവിനെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അറിയുന്നതുകൊണ്ട് ആ മാറ്റത്തെ അറിയുന്നുകൊണ്ടാണ് അതിനെ സാക്ഷി എന്ന് പറയുന്നത് സർവമാറ്റങ്ങളീ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അറിവിന്റെ ഈ പ്രവാഹത്തെ അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അറിവിന്റെ പ്രവാഹത്തെ അതിനെങ്ങനെ അറിയാൻ കഴിയും അറിവായിരുന്നു അറിയാൻ കഴിയുന്നു സ്വയം അറിവായിരുന്നു ഈ അറിവിന്റെ പ്രവാഹത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ തരംഗം എന്നുള്ള നിലയ്ക്ക് മാറ്റമുണ്ടെങ്കിലും ജലം എന്നുള്ള നിലയ്ക്ക് മാറ്റമില്ല അറിവ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ മാറ്റം സംഭവിക്കുന്നില്ല അതുകൊണ്ടുതന്നെ സാക്ഷി ദർശി എന്ന് പറയുന്നു ഇതാണ് തന്റെ വാസ്തവ സ്വരൂപം എന്നാണ് ശ്രുതി ബോധിപ്പിക്കുന്നത് ഈ അറിവിന്റെ മാറ്റത്തെ സദാ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അറിവ് അല്ലെങ്കിൽ എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഈ അറിവിന്റെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് അത് സ്വയം അറിവാണ് എന്തിനാശ്രയിച്ചിട്ടാണ് ഈ ജലത്തിൽ തരംഗങ്ങളുടെ ഈ മാറ്റം സംഭവിക്കുന്നത് കേവലം ജലത്തെ ആശ്രയിച്ചിട്ടാണ് രണ്ടാമതൊന്നിനെ ആശ്രയിച്ചിട്ടല്ല എന്നാലും അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഏകത്തിൽ തന്നെ മാറ്റം സംഭവിക്കുന്നു ഏകമായ ജലത്തിൽ തന്നെ എന്താണ് നിരകളും കഥകളും തരംഗങ്ങളും സംഭവിക്കുന്നു ഒരു ചലനവിടെ സംഭവിക്കുന്നു അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം അച്ചലൻ സംഭവിക്കുന്നതിനവിടെ നിമിത്തമുള്ള വായുവാണ് നിമിത്തം ഇവിടെ ഏകമായിരിക്കുന്ന ഈ അറിവിൽ മായാവായു തരംഗങ്ങളെ സൃഷ്ടിക്കുന്നു ബോധതരംഗങ്ങളെ സൃഷ്ടിക്കുന്നു അതനുസ്യതമായി ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടേ ആ പ്രവാഹത്തിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ആ പ്രവാഹത്തിന് സാക്ഷിയായിരിക്കുന്ന അറിവായി സ്ഥിതി ആത്മസ്ഥിതി ആത്മനിഷ്ഠ അത് കഴിയുന്നില്ല ഈ ബോധം സ്വസ്വരൂപസ്ഥിതിക്ക് പകരം ഈ മായാ വായുവിൽപ്പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മനസ്സിൻ്റെ കറക് വായു നിശ്ചലമായാൽ തരംഗം നിശ്ചലമാവും ജലം മാത്രമേ ശേഷി പിന്നെ തരംഗങ്ങളുള്ള ജലമെന്ന് പറയാൻ കഴിയില്ല സർവ പ്രത്യയദർശി എന്ന് പറയാൻ കഴിയത്തില്ല കാരണം പ്രത്യേകങ്ങളുള്ളപ്പോഴേ പ്രത്യേക ദർശിയാവുന്നു പ്രത്യേകങ്ങളില്ലെങ്കിൽ അവിടെ പ്രത്യേക ദർശനമില്ല അതുകൊണ്ട് പറയുന്നു നിർഗുണം നിശ്ചലം നിരാകാരം നിഷ്ക്രിയം ബ്രഹ്മ എന്ന് പറയുന്നു അത് മനസ്സിന്റെ ഈ ചലനം നിശ്ചലമാകുന്നതാണെന്ന് പറയുന്നത് മനസ്സിന്റെ ചലനത്തിന്റെ നിശ്ചലത എന്ന് പറയുന്നതും ചിത്രത്തിന്റെ നിരോധമല്ല നമ്മൾ ധരിക്കുന്നത് പോലെ മനസ്സിനെ പിടിച്ചടക്കുന്നതല്ല മനസ്സിനെവിടെയെങ്കിലും പിടിച്ചുറപ്പിച്ച് വയ്ക്കുന്നല്ലോ ചലിക്കാറ് ഇപ്പോ തരംഗങ്ങളുടെ നിശ്ചലത എന്ന് പറയുന്നത് എന്താണോ ആ വായു ചലിക്കാതിരിക്കുകയാണ് അവിടെ ഒരു ക്രിയയുണ്ട് ഇവിടെ വാസ്തവത്തിൽ അങ്ങനെ ഒരു ക്രിയയില്ല ഒരു പ്രവൃത്തി നടക്കുക ആ പ്രവൃത്തിയെ തടയുക എന്നുള്ളതല്ല ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിനെ നിരോധിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല മനസ്സിൻ്റെ നിശ്ചലത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിനെ ഒരു ചലനമായി കണ്ടിട്ട് അതിനെ നമ്മൾ നിരോധിക്കാൻ ശ്രമിക്കുന്നു ആ ചലനത്തെ അതല്ല ഇവിടെ മനസ്സിന്റെ നിശ്ചലത എന്ന് പറയുന്നത് കാരണം ഇവിടത്തെ മനസ്സിന്റെ നിശ്ചലത സംഭവിക്കുന്ന എങ്ങനെ ഈ സമ്യക് ദർശനം കൊണ്ടാണ് അതായത് വിവേകം കൊണ്ടാണ് ആ വിവേകം കൊണ്ടുള്ള നിശ്ചലത എന്ന് പറയുന്നത് ഒരു ക്രിയ കൊണ്ടായിട്ട് ആ ക്രിയ ഇല്ലാതാകുന്നതല്ല എന്തുകൊണ്ട് ദർശനം വിവേകമെന്ന് പറയുന്ന ഒരു ക്രിയയല്ല ബോധം ക്രിയയല്ല അറിവ് ക്രിയയല്ല ക്രിയ സംഭവിക്കുകയാണെങ്കിൽ ആ ക്രിയെ ഇല്ലാതാക്കാം ഒരു പ്രവൃത്തി സംഭവിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി ഇല്ലാതാക്കാം ജലത്തില സംഭവിക്കുന്നു അവിടെ ഒരു പ്രവൃത്തി സംഭവിക്കുന്നു പ്രവൃത്തി ഈ മനസ്സിനെ ഒരു പ്രവർത്തനമായി സങ്കല്പിച്ച് ആ പ്രവർത്തനത്തെ നിശ്ചലമാക്കുന്നതാണ് യോഗാഭ്യാസ് മനോനിരോധം എന്ന് പറയുന്നത് ഇവിടെ മനസ്സിൻ്റെ നിശ്ചലത അങ്ങനെയല്ല കാരണം മനസ്സ് വാസ്തവത്തിൽ ക്രിയാരൂപമല്ല എന്തുകൊണ്ട് അവിടെ പറഞ്ഞു പ്രത്യേക പ്രത്യേകാത്മതയ വിദിതം മനസ് പ്രത്യേക സ്വരൂപം അത് ഈ അറിവ് തന്നെയാണ് അറിവിന്റെ സ്വഭാവം എന്താണ് അത് നിഷ്ക്രിയമാണ് മനസ്സിന്റെ പ്രത്യേക സ്വരൂപം അറിവിന്റെ സ്വഭാവം നിഷ്കരിയം അപ്പം മനസ്സ് നിഷ്കരിയം എന്നാണ് ഇവിടെ മനസ്സിലാക്കിത്തരുന്നത് അങ്ങനെയുള്ള വിവേകം ആ വിവേകമാണ് മനസ്സിന്റെ നിശ്ചലത അപ്പോൾ ബാഹ്യമായി മനസ്സ് ചലിക്കുന്നോ ചലിക്കുന്നില്ലേ എന്നുള്ളതല്ല അതുകൊണ്ട് തത്വജ്ഞാനത്തിലും മനസ്സ് ഈ പറയുന്ന തരത്തിൽ നമ്മുടെ ഇന്നത്തെ സങ്കല്പം അനുസരിച്ച് മനസ്സ് ചലിക്കാം കാരണം മനസ്സിന്റെ നിശ്ചലതയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചോദിക്കാം ഒരാൾക്ക് മനസ്സിന്റെ നിശ്ചലതയാണെങ്കിൽ പിന്നെ ഈ തത്വവിജ്ഞാനത്തെ എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും മനസ്സ് നിശ്ചലമായിരിക്കും മനസ്സ് ചലിക്കാതെ ഗുരുവിനെങ്ങനെ ശിഷ്യനോട് ഉപദേശിക്കാൻ പറ്റും അത് മാത്രമല്ല നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സ് നിശ്ചലമായ സമാധിയാണ് സമാധിയിൽ എങ്ങനെ വ്യവഹാരം സംഭവിക്കും അങ്ങനെ വ്യവഹാരം സംഭവിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ ആത്മജ്ഞാനത്തെ ആര് ആർക്ക് ഉപദേശിക്കുന്നു ഗുരു എവിടെ ശിഷ്യനെവിടെ ഇവിടെ അങ്ങനെയല്ല എന്നെക്കുറിച്ച് നീണ്ട പ്രസംഗമാണ് നടത്തുന്നത് എന്നിട്ട് പറയുന്നു മനസ്സിന്റെ നിശ്ചലതെന്ന് പറയുന്നു ഇത് പൊരുത്തക്കേടുള്ളതായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഇവിടുത്തെ മനസ്സിന്റെ നിശ്ചലത നമ്മൾ ധരിക്കുന്ന തരത്തിലല്ല എന്തുകൊണ്ട് മനസ്സ് പ്രത്യേക സ്വരൂപമാണോ നിഷ്ക്രിയമായ ആത്മസ്വരൂപമാണോ മനസ്സിൻ്റെ ആ സ്വരൂപൊക്കെ ധരിക്കുക മനസ്സിന്റെ സ്വരൂപമായ സർവപ്രത്യദർശിയായിരിക്കുന്ന സർവപ്രത്യേക സാക്ഷിയായിരിക്കുന്ന ആ അറിവ് അതാണ് താനൊന്ന് ധരിക്കുക ആ ധാരണയിൽ ആ സാക്ഷിയിൽ നിന്ന് സർവപ്രത്യേക ദർശിയിൽ നിന്നും വേറിട്ട് ചലിക്കുന്നവർ മനസ്സില്ല അത് ക്രിയ ഗുണം ജാതി തുടങ്ങിയ വസ്തു ധർമ്മങ്ങൾക്കെല്ലാം അതീതമായതാണ് അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന മായാശക്തി ആ മായാശക്തിയിൽ അനുഭവപ്പെടുന്ന ഈ വസ്തുക്കളും അതിൻ്റെ ധർമ്മങ്ങളും അത് അതിനെ സ്പർശിക്കുന്നില്ല സാക്ഷിയെ സ്പർശിക്കുന്നില്ല സാക്ഷി എന്താണോ വാദിയിൽ നിന്നും പ്രതിയിൽ നിന്നും വേറിട്ടാണ് വാദിയുടെയോ പ്രതിയുടെയോ പ്രവർത്തനങ്ങളൊന്നും സാക്ഷിയെ ബാധിക്കുന്നില്ല നിർബാധമായ അവസ്ഥയാണ് അപ്പം ആ സർവപ്രത്യകദർശി എന്നുള്ള വിവേകത്തിൽ പിന്നെ മനസ്സ് ചലിക്കുന്നോ അല്ലെങ്കിൽ ചലിക്കുന്നില്ലയോ അത്തരം പ്രശ്നങ്ങളൊന്നും അവിടെ ഉദിക്കുന്നില്ല അതിനെ ബാധിക്കുന്നില്ല അതാണ് ബാധിക്കുന്നുവെന്ന് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ധരിക്കുകയാണ് സവിതാവിന്റെ പ്രകാശത്തെ സൂര്യന്റെ പ്രകാശത്തെ മേഘം ബാധിക്കുന്നു ധരിക്കുകയാണ് ചരിക്കുന്ന മേഘം എന്തുകൊണ്ട് ആ സൂര്യനിൽ നിന്ന് അതെന്നും സൂര്യനെ കാണാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു അനുഭവം അവന്റെ ദൃഷ്ടിയും മറ്റ് പലതും കൂടി ചേരും സൃഷ്ടിക്കുന്നതാണ് പക്ഷെ സൂര്യന്റെ പ്രകാശത്തെ ഇതൊന്നും തന്നെ ഭഞ്ചിക്കുന്നുണ്ട് അതുപോലെ ഈ സർവപ്രത്യദർശിയുടെ പ്രകാശം ആ പ്രകാശത്തെ മനസ്സിന്റെ ചലനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുധർമ്മമോ ശരീരധർമ്മങ്ങളോ അതിനും ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അത് ആരോപിതമാണ് കല്പിതമാണ് അത് വിധത്തിൽ പറയും കൽപ്പന ഒരിക്കലും ആധാരത്തെ ബാധിക്കുന്നില്ല കൽപ്പന കൊണ്ട് ആധാരം ദൂഷിക്കുന്നില്ല അതാണ് പരമാർത്ഥമെങ്കിൽ മനസ്സ് നമ്മൾ സങ്കല്പിക്കുന്നത് പോലെ അത് ചലിക്കുന്നു ചലിക്കുന്ന പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്ന തത്വജ്ഞാനത്തിൽ ഈ വിവേകത്തിൽ പിന്നെ മനസ്സ് വീണ്ടും ചലിച്ചാൽ വീണ്ടും ബന്ധനമാകുമോ ഇത്തരം പ്രശ്നങ്ങൾക്ക് നിലനിൽപ്പില്ല അത്തരം പ്രശ്നങ്ങളുടെ സമാധാനം ആവശ്യമില്ല അതാണ് മനസ്സിന്റെ നിശ്ചലത എന്ന് പറയുന്നത് പ്രത്യേക സ്വരൂപം എന്ന് പറയുന്നത് കാരണം മനസ്സാണ് ആ പ്രത്യേക സ്വരൂപം അല്ലാതെ വേറിട്ട് മനസ്സിന് ഒരു ചലനവില്ല നിശ്ചലതയില്ല ജലത്തിൽ നിന്ന് വേറിട്ടിട്ട് തരംഗങ്ങൾക്ക് ചലനവില്ല നിശ്ചലതയില്ല നിങ്ങൾ ജലത്തിൽ ചലനങ്ങളെ കാണുമ്പോഴും ആ ചലനങ്ങളില്ലാതിരിക്കുമ്പോഴും അവിടെ ജലം തന്നെ ആ തരംഗങ്ങളുടെ ഓരോ കണികയും ജലം തന്നെ വേർട്ടൊന്നുമില്ല വേർട്ടെന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം അത് വായു കാറ്റാണെന്നോ മറ്റെന്തെങ്കിലും പറയും അതുപോലെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനാണ് നമ്മൾ മയ മയാശക്തി എന്ന് പറയുന്നത് അതും ഇതിനെ വേറിട്ട് കാണുന്ന സമയത്ത് മാത്രം ഇതിനെ കേവലം ചിത് ശക്തി സ്വരൂപമായി കണ്ടാൽ വേറിട്ടൊരുമായി ഇല്ല അങ്ങനെ ഒന്നും നിലനിൽക്കുന്നില്ല അതുകൊണ്ടിത് അദ്വൈതത്തെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ അതിൽ മറ്റൊന്നുമായും ബന്ധപ്പെടുത്താതെ നിന്നൊക്കെ മറ്റ് സിദ്ധാന്തങ്ങളുമായും മറ്റ് തത്വചിന്തകളുമായും ഒന്നും ബന്ധപ്പെടുത്താതെ ഇവിടെ പരമാർത്ഥമായ ഒന്ന് അതിനെ സംബന്ധിക്കുന്ന വിവേകം രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളു സമ്യക് ദർശനം സമ്യക് ദർശനമാണ് എൻ്റെ സർവത്തിൻ്റെ ഒടുക്കം ആ സമയക് ദർശനത്തിലൂടെ വേണം ഇത് സർവത്തെയും കാണാൻ ആ സമയക് ദർശനത്തിലൂടെ കാണുമ്പോൾ ഇവിടെ മനസ്സിന്റെ നിശ്ചലത ആ നിശ്ചലതയിൽ പിന്നെ എങ്ങനെ വ്യവഹാരം പിന്നെ എങ്ങനെ ഒരാൾക്ക് ഞാനിയായിരിക്കാൻ കഴിയും അത് അവിടെ എന്താണ് സദ്യോ മുക്തി ആ സദ്യോ മുക്തി പിന്നെ ശരീരമുണ്ടോ മനസ്സുണ്ടോ ഇതൊന്നും ഇണ്ടാതിരുന്നാൽ പിന്നെ ഉപദേശം എങ്ങനെ സംഭവിക്കും ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് സമാധാനങ്ങളും പ്രസക്തിയില്ല ഇവിടെ ആ മനസ്സിൻ്റെ നിശ്ചലത എന്ന് പറയുന്നത് എന്താണ് അപ്രത്യക്സ്വരൂപത്തെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അഗ്നിയുടെ സ്വരൂപം പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അഗ്നിസ്വയം പ്രകാശമാണെന്നാണ് എൻ്റെ അർത്ഥം അഗ്നി വേറെ പ്രകാശം വേറെ എന്നൊക്കെ ഇല്ല ഇവിടെ പ്രത്യേക പ്രത്യേക ഈ അറിവിൻ്റെ പ്രത്യേക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നിലനിൽക്കുകയാണ് ഈ സർവ പ്രത്യയങ്ങളിലും പ്രതിബോധത്തിനും ആത്മാവ് വിജിതമാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ താൽപ്പര്യം ഈ സർവപ്രത്യങ്ങളെയും സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്ന അതാണ് ആത്മാവ് അതിവിടെ അതാണ് താൻ എന്നാണ് ഇവിടെ ശ്രോതാവിനെ ബോധിപ്പിക്കുന്നത് അയാൾ ആ തന്റെ സ്വരൂപസ്ഥിതിയിൽ നിന്നും മാറി മനസ്സായും തന്റെ മനസ്സായും തന്റെ ശരീരമായും എല്ലാം തന്നെ അറിയും അതിനോട് ബന്ധപ്പെടുത്തി അറിയും ആ അറിവിനും വാസ്തവ നിലയ്ക്കും ിടയിലായിട്ടാണ് വരുന്നത് വിവേകം ആ വിവേകമാണ് പറയുന്നത് സംയുക്ത ദർശനം അതാണ് പറയുന്നത് എന്താണോ സർവപ്രത്യകദർശിയാണ് അപ്പോൾ ചോദിക്കും ശരിയത് മനസ്സിലായല്ലോ സർവപ്രത്യദർശിയാണ് എന്ന് ശ്രുതി പറഞ്ഞത് അല്ലെങ്കിൽ ആചാര്യം പറഞ്ഞത് എനിക്ക് ബോധ്യമായി അങ്ങനെ ഒരു അറിവുമുണ്ട് എന്നിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിക്കുന്നില്ലല്ലോ പറയുന്നു മനസ്സിലാകുന്നുണ്ടോ പക്ഷേ ആ മനസ്സിലാക്കൽ കൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല തിന് സമാധാനം പ്രത്യേകിച്ച് മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അതറിഞ്ഞിട്ടില്ലെന്നുള്ളത് തന്നെ അറിഞ്ഞെങ്കിൽ മാറ്റം സംഭവിക്കുന്നു അറിഞ്ഞു മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യവും അറിഞ്ഞിട്ടില്ലെന്നും അല്ലല്ല ഞാൻ അറിഞ്ഞു എന്ന് പറയണമെങ്കിൽ അതിനാണ് ഭ്രമം എന്ന് പറയുന്നത് ശരിയാണ് അറിവുണ്ടായി പക്ഷെ അത് ബ്രഹ്മാത്മകമായിട്ടാണ് കല്പിതമായിട്ടാണ് മറ്റു പല കൽപ്പനകളും നിൽക്കുന്നതുപോലെ ഇതിനെ സംബന്ധിച്ചൊരു കൽപ്പന കൂടെ ഉണ്ടായിരുന്നേ ഉള്ളൂ തെളിവ് ഇത് ഇപ്പോഴല്ല അറിഞ്ഞത് വളരെ നേരത്തെ അറിഞ്ഞു ഇതിനെക്കുറിച്ച് എന്നാണോ അറിഞ്ഞു ഇന്നും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അന്നത്തെ അറിവാണോ ഇന്നത്തെ അറിവ് എന്ന് ചോദിച്ചാലല്ല ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു അന്നത്തെ അറിവിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ആ മുന്നോട്ട് പോകലിനെ കുറിച്ച് എന്താ പറയുന്നത് അന്ന് ഞാൻ അറിഞ്ഞതിൽ നിന്നും ഇപ്പോൾ വ്യക്തമായി അറിയുന്നു എന്ന് പറയുന്നു എന്നുവെച്ചാൽ തന്റെ അറിവിൽ ഏറ്റക്കുറിച്ചിലുണ്ടെന്നുള്ള തന്റെ അറിവ് സാതിശയമായ അറിവാണ് ഈ സാതിശയമായ അറിവ് അതിനാണ് കൽപ്പന എന്ന് പറയുന്നത് ഏറ്റെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നു ഇതങ്ങനെയല്ല നിരതിശയമായ അറിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നു അതിൽ അവ്യക്തതയും വ്യക്തതയും ഇല്ല അങ്ങനെയുള്ള അറിവാണ് ഇവിടെ പറയുന്ന സംയുക്ത അപ്പം ഇത് ബോധ്യപ്പെട്ടു എന്നാൽ മാറ്റമൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല മാറ്റം സംഭവിക്കാത്തത് ഒരിടത്ത് മാത്രമാണ് എവിടെയാണ് ഉപദേശത്തിനും മാറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ പ്രജാപതി അഭയം ഏതത് അമൃതം ബ്രഹ്മം എന്നാണ് ആദ്യം ഉപദേശിച്ചത് അവസാനം ഉപദേശിച്ചത് ആദ്യം ഉദ്ദേശിച്ചപ്പോഴും ശ്രോതാക്കൾ പറഞ്ഞു ബോധ്യപ്പെട്ടിരിക്കുന്നു അത് അവസാനം വരെ പറഞ്ഞു ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യം ഇതിനെ സംബന്ധിച്ച് എന്താണ് ഇതെല്ലാം ഞാൻ കേട്ടു അല്ലെങ്കിൽ ഞാൻ ഇത് വായിച്ചു പ്രഭാഷണം കേട്ടു ഇത് മനസ്സിലാക്കി അതുകൊണ്ടെന്താ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നിൽ സമാധി സംഭവിച്ചില്ലല്ലോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ പിന്നെ ഈ അറിവ് എന്താ പ്രയോജനം ചെയ്യുന്നത് ഇത് ഛിദ്ന്റെ സർവസംശയാഹ ആ സർവസംശയെ ചേച്ചിയായ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് സംഭവിച്ചെങ്കിൽ പിന്നീട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉന്നയിക്കാൻ കഴിയും അതിന് സമാധാനം ആവശ്യമില്ല അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ധരിക്കുകയാണ് ശരി ഇവിടെ ഭാഷകാരൻ പറഞ്ഞു ശ്രുതി പറഞ്ഞു വ്യാഖ്യാനത്തിലൂടെ ഞാൻ മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കി പക്ഷെ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടും മാറ്റം സംഭവിച്ചില്ല എന്ന് വരുന്നുണ്ടെങ്കിൽ അത് അർത്ഥമാണ് മനസ്സിലാക്കിയിട്ട് സമയ ദർശനത്തിൽ മാറ്റം സംഭവിക്കായിരിക്കും സമയക് ദർശനം എന്താണോ ഈ അജ്ഞാനത്തെ ഈ ഭ്രമത്തെ പാടയകറ്റിക്കളയുന്ന ദുഷ്ടഫലമുള്ളതാണ് മറ്റേതിനേയും പോലെ ദുഷ്ടഫലത്തെ നൽകുന്നതാണ് ഏതിനേം പോലെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ വിശപ്പുമാറും തൃപ്തി ഉണ്ടാവും അതുപോലെ ഈ അറിവ് ആത്മതൃപ്തി പ്രദാനം ചെയ്യുന്നതാണ് ദുഃഖ വിമുക്തിയെ നൽകുന്നതാണ് അതൊരു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല ഉയർവുകൊണ്ട് നമ്മൾ തലവേദനയും പല്ലുവേദനയും എല്ലാം മറണമെന്ന് വിചാരിച്ച അന്ന് നടക്കത്തില്ല അതിനുവേണ്ടിയുള്ള അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതൊന്നും ഇതുകൊണ്ട് സാധിക്കത്തില്ല സാധിക്കേണ്ട ആവശ്യമില്ല അതിനുവേണ്ടിയിട്ടുള്ളതുമല്ല പക്ഷെ ഇതിൻ്റെ ഫലമായി പറയുന്ന ദുഃഖം അത് ഈ സമ്യക് ദർശനത്തിൽ സംഭവിക്കുന്നു അത് അവിടെ ഇന്ദ്രനും വിരോചനും ഒക്കെ സംഭവിച്ചതുപോലെ എന്തോ ഇതിനുള്ള പോരായ്മകൾ അവിടെയുണ്ട് എന്ന് മനസ്സിലാകും അത് സംയുക്ത പിന്നീട് രണ്ടാമതൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് സമയക് ദർശനപ്രാപ്തി വരെ ചോദ്യങ്ങൾ തുടരുന്നത് ന്യായം തന്നെ അതിനു ദോഷമൊന്നുമില്ല അതുകൊണ്ട് ഇതിൻ്റെ വിശദീകരണം കൊണ്ട് ആരെങ്കിലും തൃപ്തരാകുന്നു ആരെങ്കിലും തൃപ്തരാകുന്നില്ലേ എന്നുള്ളതൊരു മുഖ്യമായ കാര്യമല്ല കാരണം അതിൽ ഒരാൾ തൃപ്തനായാലും അടുത്ത നിമിഷം അയാൾ അതൃപ്തനാകുന്നുണ്ടെങ്കിൽ അയാളുടെ ആ സമീപ ദർശനമല്ല സംഭവിച്ചു അതിന്റെ അവിടെ സംഭവിച്ചിട്ടില്ല ഒരാൾ അതൃപ്തനാണെങ്കിൽ അയാൾക്ക് വീണ്ടും അവസരമുണ്ട് വീണ്ടും ഇത് ശ്രമിക്കാനും അയാളുടെ വിപര്യത്തെ സംശയത്തെ ദൂരീകരിക്കുന്നതിനും വീണ്ടും അവസരമുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ശ്രവണം തുടരുക എന്നുള്ളതാണ് മുഖ്യം ഫലത്തെക്കുറിച്ച് വ്യാകുലതപ്പെടുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഭാഷകാരൻ ഈ ചർച്ച അവസാനിപ്പിക്കാത്തത് ഒന്ന് നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന പലതരത്തിലുള്ള ധാരണകളെ നിരാകരിക്കുക ദൂരീകരിക്കുക മറ്റൊന്ന് നമ്മുടെ മനസ്സിൽ കടന്നുകൊടിയിരിക്കുന്ന വാസ്തവബോധത്തെ കൂടുതൽ വ്യക്തമാക്കുക രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് അങ്ങനെ പൂർവപക്ഷം സിദ്ധമാണത് പൂർവപക്ഷത്തിന് വേണ്ടി നമ്മുടെ മനസ്സിൽ കടന്നുകൊള്ളിയിരിക്കുന്ന ബഹുമുഖ ധാരണകൾ നാനാധാരണകൾ അതിനെ ദൂരീകരിക്കാൻ വേണ്ടി സിദ്ധാന്തം എന്താണ് തന്റെ മനസ്സിൽ പതിഞ്ഞത് വാസ്തവം സത്യവും അതിനെ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ഈ പത്ത് പനിഷത്തിനും ഭാഷ്യം എഴുതേണ്ട കാര്യമില്ല ഈ പത്തുപുനിഷത്തും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല ഒരു പുനിഷത്ത് കഴിഞ്ഞ് പിന്നെ മറ്റെന്തിലേക്ക് എന്തിനു കടക്കണമെൻ്റെ ഭക്ഷ്യ കാരണം എഴുതേണ്ട കാര്യമില്ല ശ്രുതി തന്നെ ഒരു പുനുഷത്ത് ഉപദേശിച്ചിട്ട് പിന്നെ മറ്റൊന്നും ഉദ്ദേശിക്കേണ്ട കാര്യമില്ല ഇതിന്റെ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിതിന് സംബന്ധിച്ചുള്ള അറിവിനെ സമ്പാദിക്കുന്നതോടൊപ്പം അറിവില്ലായ്മയും അജ്ഞാനത്തെ സമ്പാദിക്കുകയാണ് അപ്പോൾ ആ അജ്ഞാനത്തിന്റെ ദൂരീകരണവും അറിവിന്റെ പൂർണതയും അത് ഒന്നോ രണ്ടോ മൂന്നോ നിമിഷത്തുകൊണ്ട് സാധ്യമാകുന്നുണ്ടെങ്കിലാണ് പത്ത് നിമിഷത്തിന് എന്ത് എഴുതിയത് പത്ത് സ്ഥലത്ത് ഒരേ കാര്യമാണ് പറയുന്നതെങ്കിലും വീണ്ടും വീണ്ടും അതിനാവർത്തിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് ഇവിടെ ഇത് വളരെ വ്യക്തമായാണ് ബോധിപ്പിക്കുന്നത് ഉപാധികളില്ലാതെ പ്രതിബോധവിചിതം എന്ന് പറഞ്ഞാൽ അവസാന വാക്കാണ് അത് കേട്ടതുകൊണ്ട് ഒരുവൻ്റെ സംശയവിപര്യങ്ങൾ അവസാനിക്കണമെന്നില്ല അവസാനിക്കുന്നില്ലെങ്കിൽ വീണ്ടും അതിൻ്റെ മനണം തുടരുക അതാണ് പക്ഷെ ഇത് അതിന് പര്യാപ്തമാണ് സർവ സംശയങ്ങളെയും സർവഭ്രാന്തികളെയും അവസാനിപ്പിക്കുന്നതിന് പര്യാപ്തമാണ് അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അത് തുടരില്ല അതേ ഉള്ളൊരു പോയ അതിനെ പരമാവധി വെളിപ്പെടുത്താൻ വേണ്ടി ഭാഷധാര ശ്രമിക്കുന്നു അതിനാണ് ഈ ശബ്ദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് സർവപ്രത്യദർശി പ്രത്യേക പ്രത്യേകാത്മ സർവപ്രത്യേക സാക്ഷി ഈ ശബ്ദങ്ങളിലൂടെ അതിന്റെ ലക്ഷ്യമായ ആ പൂർണതയിൽ ഒരുവൻ ചിരപ്രതിഷ്ഠിതനാണ് അതാണ് സംഭവിക്കുന്നത് അങ്ങനെ ആരാണോ ഇതിനെ അറിയുന്നത് ആർക്കാണോ ഈ ശ്രുതി ബോധിപ്പിക്കുന്ന ബ്രഹ്മം വിചിതമാകുന്നത് അവൻ്റെ ആ ബോധം അതാണ് സമയക് ദർശനം ആ സമയക് ദർശനത്തിൻ്റെ ഫലമാണ് മുക്തി സംസാരമുക് മുക്തി ആ സമ്യക് ദർശനമാണ് സ്വരൂപസാക്ഷാത്കാരം അതാണ് ആത്മസ്ഥിതി അതാണ് അടുത്ത് പറയുന്നത് സർവപ്രത്യദർശിത്വായ വർജിതൃക്സ്വരൂപനിത്യത്വം വിശുദ്ധ സ്വരൂപത്വം ആത്മത്വം നിർവിശേഷംഭവേ ഇപ്പോ ഒരു ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വ്യക്തിപരമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ എന്റെ ബന്ധനം എന്റെ മോക്ഷം അങ്ങനെ ഒരു സ്വകാര്യത ഇതിനകത്തില്ല ഇത് സർവത്ര സംഭവിക്കുന്നതാണ് സർവഭൂതേഷു പറയും സർവഭൂതേഷു എന്ന് പറയുന്നത് എന്തുകൊണ്ട് എവിടെയൊക്കെയാണോ ഈ ബോധസ്ഫുരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സർവത്ര അതാണ് സർവത്ര ഇവിടെ ബോധസ്ഫുരിക്കുന്നു അവിടെയെല്ലാം ആ ബോധസ്ഫുരണത്തിന് സാക്ഷിയായി എങ്ങനെ സർവപ്രത്യേക ദർശി സർവപ്രത്യേക ദർശിയായി സ്ഥിതി ചെയ്യുന്നു അപ്പൊ അവിടെ എന്റെ ബോധം നിന്റെ ബോധം അങ്ങനെ ഭേദമില്ല എന്റെ അറിവ് നിന്റെ അറിവ് എന്ന് വേതിരിക്കാം ഈ സർവപ്രത്യം എന്ന് പറയുമ്പോൾ സർവബോധസ്ഫുരണങ്ങളും അങ്ങനെ ഏകരൂപത്തിൽ സർവപ്രത്യദൃശികരിക്കുന്നു നമ്മൾ തത്വജ്ഞാനം മോക്ഷം എല്ലാം നമ്മുടെ ഒരു സ്വതാരതയായിട്ടാണ് കരുതുന്നത് അങ്ങനെ ഒന്നല്ല അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എൻ്റെ ആത്മാവ് മുക്തമാവുകയും എൻ്റെ ആത്മാവ് ബന്ധനത് അങ്ങനെ ഒന്ന് സംഭവിക്കുന്നു ഗുരുശിഷ്യനെ ഉപദേശിക്കുന്നത് അങ്ങനെയല്ല സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുക്തനായിരിക്കുന്നു നീ ബന്ധനാണെന്നല്ല ബോധിപ്പിക്കുന്നു ആത്മവേഗമാണ് നിത്യമുക്തമാണോ എന്നാണ് ബോധിപ്പിക്കുന്നത് പരമാർത്ഥം അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത് പരമാർത്ഥം അതാണെങ്കിലും ഒരു മനസ്സിൽ കരുതുന്നു ഞാൻ ാണ് അപ്പൊ അവനെ ബോധിപ്പിക്കുന്നു അത് കേവലം നിന്റെ കല്പന മാത്രമാണ് നിന്റെ അജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ് അതല്ല പരമാർത്ഥം പരമാർത്ഥമല്ലാത്ത പല രീതിയിലും കാണും നാനാരൂപത്തിൽ കാണും നാനാരൂപത്തിലുള്ള ബന്ധമോക്ഷങ്ങളായി കാണും ഗുരുവിന്റെ മോക്ഷവും തന്റെ ബന്ധനവുമായിട്ടെല്ലാം കാണും അതെല്ലാം പരമാർത്ഥമല്ലാത്തത് പരമാർത്ഥത്തിൽ ബോധിപ്പിക്കുന്ന എന്താണ് സർവപ്രത്യേക ദർശിയായിരിക്കുന്ന ഏകമായ ആത്മാവിനെയാണ് സർവപ്രത്യദിയായ ഏകമായ ആത്മാവാണെങ്കിൽ ഒരിടത്ത് ബന്ധവും ഒരിടത്ത് മോക്ഷവും ഇങ്ങനെ സംഭവിക്കും സംഭവിക്കുന്നില്ല അങ്ങനെ സർവപ്രത്യേക ദൃശ്യത്തെ സർവഭൂതേഷു സർവപ്രാണികളിലും സിദ്ധം ഭവേ എന്താണ് ഈ മുക്തി നമ്മൾ ധരിക്കുന്നതിലൂടെ ഒരാളിലായിട്ടും മുക്തി സംഭവിക്കുന്നില്ല അങ്ങനെ ധരിക്കുന്നുണ്ട് അത് പരമാർത്ഥമല്ല പരമാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല ഉപജന അപായ വർജിത ഉപജന അപായങ്ങൾ അത് ഉപജനാപായം എന്ന് പറയുമ്പോൾ ഈ മനസ്സിന്റെ ഉത്പത്തിനാശങ്ങൾ തുടങ്ങി ബന്ധമോക്ഷങ്ങൾ വരെ വരും എന്തെല്ലാം ഈ ഉപജനാപായത്തിൽപ്പെടുന്നതാണ് സൃഷ്ടി നാശവും അപായം നാശം ഉപജനം സൃഷ്ടി ഇത് താൻ സദാ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അറിവിന്റെ സൃഷ്ടിയും അറിവിന്റെ നാശവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പറയുന്നു ഞാനിപ്പോൾ പിന്നെ അറിയുന്നു ഇപ്പോൾ ഇതായിരുന്നതിനറിയുന്നു മുമ്പുണ്ടായിരുന്ന അറിവ് മാറിപ്പോയി ഒരു ദൃക്കിന്റെ മുമ്പിൽ സംഭവിക്കുന്നതാണ് ഈ അറിവിന്റെ സൃഷ്ടിയും നാശവും പക്ഷെ അതെവിടെയാണ് സംഭവിക്കുന്നത് അത് ഉപജന അപായവർജിതമായിരിക്കുന്നു ദൃർക്കായിരിക്കുന്നു അതിനാണ് ശ്രുതി ബ്രഹ്മമൊന്ന് ബോധിപ്പിക്കുന്നത് ദൃക് സ്വരൂപത്ത നിത്യത്വം അതിലെ അനിത്യമായ അറിവിന്റെ സൃഷ്ടിയിൽ നാശവും സംഭവിക്കുന്നില്ല അത് സർവത്ര അത് ഏകരൂപത്തിലിരിക്കുന്നു പരമാർത്ഥമല്ലാതെ ഒരുവനറിയുന്നു ഇനിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ബന്ധനസ്ഥനാണ് പരമാർത്ഥത്തെ ബോധിച്ചവൻ അറിയുന്നു ഇവിടെ മുക്തി മാത്രമേ ഉള്ളൂ ബന്ധനമില്ല അവൻ ധരിക്കുന്നു അതാണ് ദൃക്സ്വരൂപത നിത്യത്വം വിശുദ്ധ സ്വരൂപത്വം ബന്ധനത്തെയാണ് നമ്മൾ അശുദ്ധി എന്ന് പറയുന്നത് അജ്ഞാനം അജ്ഞാനകാര്യമായ ബന്ധനം ഇവിടെ അതെല്ലാം വിശുദ്ധ സ്വരൂപമാണ് അവിശുദ്ധ സ്വരൂപത്തെയാണ് ശ്രുതി ബ്രഹ്മം എന്ന് ബോധിപ്പിക്കുന്നത് അത് ബോധിപ്പിച്ചാലേ അവന് ഈ ശരീര മനസ്സുകളിൽ നിന്നെല്ലാം മുക്തമായിരിക്കുന്ന സ്വസ്വരൂപത്തെ ബോധിക്കാൻ കഴിയും അങ്ങനെ ബ്രഹ്മമായി ബോധിച്ചാലേ പറ്റും അല്ലെങ്കിൽ വീണ്ടും അവൻ ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി ഞാൻ എന്റെ ബന്ധനോ എന്റെ മോക്ഷമൊന്നു ചിന്തിച്ചു അങ്ങനെ ഒന്നുണ്ടവിടെ ആരും ആത്മമോക്ഷത്തിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഭ്രാന്തമായി നമ്മൾ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട് അവിടെ നമ്മൾ സങ്കല്പിക്കുന്നു എന്താണ് എന്റെ മോക്ഷം മോക്ഷത്തിൽ എൻ്റെ എന്ന് പറയുന്നൊരു സ്വാർത്ഥത വരത്തില്ല വന്നാൽ പിന്നെ അത് മോക്ഷമല്ല അത് ബന്ധനമാണ് വിവേകിയുള്ള അതിനുവേണ്ടിയല്ല ശ്രമിക്കുന്നു എന്റെ എന്നുള്ളതിരിക്കുകയും അതിനോടൊപ്പം മോക്ഷവും അതല്ല ശ്രമിക്കുന്നു ആ മോക്ഷത്തിൽ എന്റെ എന്നുള്ളതില്ല ഞാനെന്നുള്ളതില്ല എന്തുകൊണ്ട് താൻ സർവപ്രത്യദർശിയാണ് ഈ ശരീരത്തോട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള പ്രത്യയങ്ങളെ ദർശിക്കുന്നത് പോലെ താൻ തന്നെയാണ് സർവശരീരങ്ങളോടും ബന്ധപ്പെട്ടിരുന്നത് സർവപ്രത്യങ്ങളെയും ദർശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ അവിടെ എങ്ങനെയാണ് എന്റെ എന്നുള്ളവർ എന്റെ മോക്ഷത്തിന് വേണ്ടി ഒരാൾക്ക് എങ്ങനെ പരിശ്രമിക്കാൻ കഴിയും എന്റെ മോക്ഷം അങ്ങനെ ഒരു മോക്ഷത്തെ ഏകിങ്ങനെ കണ്ടെത്താൻ കഴിയും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല വിശുദ്ധ സ്വരൂപം ത്വം ആത്മത്വം ആത്മത്വം ബ്രഹ്മ ആണ് ബ്രഹത്വാത് ബ്രഹ്മ അത് ബൃഹത്താണ് നമ്മൾ കരുതുന്ന പോലെ ഈ ശരീരത്തെ ആശ്രയിച്ച് ഈ ശരീര പരിച്ഛിന്നമായ എവിടെങ്കിലും ഒന്നിൽ സംഭവിക്കുന്ന ഒരു മഹത്തായ കാര്യമല്ല അങ്ങനെയെല്ലാം കൽപ്പിക്കുന്ന എന്താണോ അത് കേവലം അജ്ഞന്റെ കൽപ്പനകളാണ് തത്വജ്ഞാനം ആ കാര്യത്തിൽ നിരപരാധിയാണ് അതൊരിക്കലും ഒരു വ്യക്തിയുടെ മോക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതെപ്പോഴും ബോധിപ്പിക്കുന്നത് നിത്യമുക്തി കുറിച്ചാണ് ബോധിപ്പിക്കുന്നത് അത് സർവപ്രത്യദർശിയായിരിക്കുന്ന ആത്മതത്വത്തിന്റെ ഏകമായിരിക്കുന്ന ആത്മതത്വത്തിന്റെ മുക്തിയെ കുറിച്ചാണ് ബോധിപ്പിക്കുന്നത് അ താൻ തെറ്റിദ്ധരിക്കുന്നത് എന്റെ മുക്തിയാണ് താൻ ഭ്രമിച്ചു പോവുകയാണ് എന്നൊരു വിശേഷം നമ്മുടെ ഞാനെന്നോ നീയെന്നുള്ള വിശേഷങ്ങളില്ല ബന്ധമോക്ഷങ്ങളെന്നുള്ള വിശേഷങ്ങളില്ല ഏകത്വം അത് ഏകമാണ് അത് സ്പഷ്ടമായ കാര്യമാണ് ഏകമായിരിക്കുന്നു എങ്ങനെയാണ് ഒരു ഒരു സ്ഥലത്തൊരു ബന്ധനവും വേറൊരു സ്ഥലത്തൊരു മോക്ഷവും സംഭവിക്കുന്നു ഏകത്തിലത് അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് പറയുന്ന സർവഭൂതേഷ് സിദ്ധം ഇവിടെ പറയുന്നത് സർവഭൂതങ്ങളിലും സർവചിത് പുരണങ്ങളിലും സിദ്ധമായിരിക്കുന്ന ഏകമായ മോക്ഷത്തെ കുറിച്ച് അവിടെ പറയും അതാണ് സർവ പ്രത്യദർശി എന്ന് പറയും അവിടെ നമ്മൾ അങ്ങനെ ധരിച്ച് കളയരുത് ഞാൻ ും ഉറങ്ങുന്നത് വരെ എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വപ്രത്യങ്ങളും അങ്ങനെ ധരിച്ചപ്പോ നമ്മളങ്ങനെയാണ് തുടങ്ങുന്നത് പക്ഷെ അതല്ല ഇവിടുത്തെ സർവപ്രത്യങ്ങളെയും എടുക്കണം സർവഭൂതങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവപ്രത്യങ്ങൾ അതിൽ തൻ്റെ സ്വാർത്ഥതയെ കൂട്ടിച്ചേർത്തത് എന്റേതെന്നുള്ള ഭാവത്തെ കൂട്ടിച്ചേർക്കുന്നത് സർവഭൂതങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർവപ്രത്യങ്ങൾക്കും ദൃഷ്ടാവായിരിക്കുന്നവൻ ഏകനാണ് അവനോട് പറഞ്ഞ ഏകം ഇതാണ് ആത്മബോധം അതിൽ ദർശി ആയിരിക്കുന്നവൻ അതിന്റെ ദൃഷ്ടാവായിരിക്കുന്നവൻ അസർവപ്രത്യങ്ങൾക്കും പ്രതി സ്വരൂപമായിരിക്കുന്നവൻ അങ്ങനെ ഒരു ബ്രഹ്മത്തെ യഥാ മതം തഥാ തത്യുക് ദർശനം ആ മതമാണ് ആ ദർശനം മതം എന്ന് പറഞ്ഞ ദർശനം അത് ഒന്നുകൂടി വ്യക്തമാക്കുന്നു ലക്ഷണം ഭേദ ഭാവ വ്യോമനൈവ ഘടകിരി ഗുഹാദിഷു ആകാശം ആകാശത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാണ് വേർതിരിക്കുന്നത് ആകാശത്തെ വേർതിരിക്കുന്നതിന് എന്ത് ലക്ഷണമാണുള്ളത് ആകാശ സർവത്ര ഏകരൂപത്തിലിരിക്കുന്നു ആകാശത്തിന്റെ സ്വരൂപത്തിൽ ഒരു വ്യത്യാസവും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കാരണം അത് അവകാശമാണ് സർവത്തിനും ഇടം കൊടുക്കുന്ന ഒന്നാണ് സർവത്തെയും നിലനിർത്തുന്ന ഒന്നാണ് പറഞ്ഞല്ലോ സർവപ്രത്യങ്ങൾക്കും ദൃശ്യായിരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് പോലെ സർവത്തിനും ഇടം കൊടുക്കുന്ന ഒന്നാണ് ആകാശം ഇത് ആകാശ തുല്യം എന്ന് പറയുമ്പോൾ എന്താണോ അവിടെ വ്യക്തിഭേദങ്ങളില്ല വ്യക്തിഭേദങ്ങളെ ആശ്രയിച്ചുള്ള ദർശനങ്ങളും അവിടെയില്ല ചിന്തകളില്ല അനുഭവങ്ങളില്ല ലക്ഷണഭേദാഭാവ വ്യോമനയോ ഇത് ആകാശം പോലെയാണ് ഘടഗിരി ഗുഹ തിഷു പാത്രത്തിനുള്ളിലോ ഗിരിഗുഹ പർവ്വതഗുഹയ്ക്കുള്ളിലോ എവിടെ ചെന്നാലും ഒന്നു തന്നെ നിങ്ങൾ ജ്ഞാനിയെന്ന് കരുതുന്നവനിലും അജ്ഞാനി എന്ന് കരുതുന്നവനിലും രണ്ടും നിങ്ങൾ വ്യത്യാസമൊന്നും ഗിരി ഗുഹ എന്ന് പറയുമ്പോൾ അത് കുറച്ച് വലുതാണ് പാത്രം എന്ന് പറയുമ്പോൾ അത് ചെറുതാണ് പക്ഷെ ആകാശത്തിൽ അല്ല വലിപ്പ ചെറുപ്പങ്ങൾ അതെല്ലാം പാത്രത്തിലും ഗിരി ഗുഹയിലുമാണ് അവിടെ ആകാശമാണെങ്കിലോ ഭേദാഭാവ ലക്ഷണം ഭേദാഭാവ അവിടെ ലക്ഷണഭേദങ്ങൾ ആത്മാവിൽ അജ്ഞനം എന്ന് പറയുന്ന ഒരു ലക്ഷണമോ മുക്തനെന്ന് പറയുന്ന ഒരു ലക്ഷണമോ അങ്ങനെയുണ്ട് ആത്മാവിൽ നോക്കിയിട്ട് നിങ്ങൾക്കിത് അജ്ഞനാണിത് മുക്തനാണെന്ന് പറയാൻ വഴിയും അവിടെ സർവപ്രത്യങ്ങൾക്കും ഏകനായ ദാവാണ് അത് പറയുന്നു അതുകൊണ്ടാണ് ശ്രുതി പറഞ്ഞത് സർവപ്രത്യ സാക്ഷി എന്ന് പറയുന്നു ഇതാണ് മുമ്പ് പറഞ്ഞത് വിദുത അവിദ്യതാഭ്യാം അന്യത് ആഗമവാക്യാർത്ഥ മുമ്പ് പറഞ്ഞത് തന്നെ മുമ്പ് പറഞ്ഞത് എങ്ങന വിഭ്യാം അന്യത് എന്ന് പറഞ്ഞു ആ ആഗമവാക്യത്തെ ഒന്നുകൂടി പരിഷ്കരിച്ചുകൂടെ പറഞ്ഞു സർവപ്രത്യങ്ങളുടെയും സാക്ഷിയായി പറഞ്ഞു സർവപ്രത്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണോ വിജിതം അവിദ്യുതം ആണ് ഈ പ്രത്യയങ്ങൾ ഈ പ്രത്യയങ്ങളിലാണ് അറിവും അറിവില്ലായ്മയും അല്ലെങ്കിൽ അറിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറം നിൽക്കുന്ന അവിദിതം നേരത്തെ പറഞ്ഞു അമ്പ്യാകൃതം അതല്ല ഈ പ്രത്യയങ്ങളിലാണ് അതിനെല്ലാം സാക്ഷിയായിരിക്കുന്നത് അന്യ സാക്ഷിയെന്ന് പറയുന്നു നമുക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അർത്ഥത്തിലൊന്നുമല്ല സർവ പ്രത്യേക ദർശിക്കുന്നുവരുമ്പതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഇതിന് നമ്മുടെ കാഴ്ചയോടും നമ്മുടെ അറിവിനോടും ഒക്കെ താരതമ്യപ്പെടുത്തിയേ പറയാൻ പറ്റൂ എന്നുവെച്ചാൽ ഇന്ന് നിലനിൽക്കുന്ന അനുഭവങ്ങളോട് താരതമ്യപ്പെടുത്തി പറയുന്നു എന്നേ അതിന്റെ ഒന്നും വാശ്ചാർത്ഥത്തെ എടുത്തിട്ട് അതാണ് പരമാർത്ഥവും ധരിക്കാൻ വേണ്ടി പറയുന്നതല്ല അതുകൊണ്ടാണ് പറയുന്നത് എന്താണോ ഈ സർവകൽപ്പനകൾക്കും ആധാരമായിരിക്കുന്നത് സർവപ്രത്യ ദൃശ്യമെന്നോ സർവപ്രത്യേക സാക്ഷിയെന്നോ എല്ലാം പറയുമ്പോൾ ഇതെല്ലാം ആ കൽപ്പനകളിൽ അന്തർഭവിച്ചിരിക്കുക അതിന് സർവാധാരമായി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് എന്റെ താല്പര്യം ആഗമവാക്യാർത്ഥ ഇതാണ് ആഗമവാക്യത്തിന്റെ താല്പര്യം ഏവം പരിശുദ്ധ ഏവ ഉപസംഹൃതോ ഭവതി ഇതുവരെ പറഞ്ഞത് ഉപസംഹരിച്ച എന്താണ് ഈ ശ്രുതി വെളിപ്പെടുത്തിയത് വിദ്യുതാഭ്യാ അന്യ സർവപ്രത്യദർശി പ്രതിബോധവിധുതം എന്നെല്ലാം പറഞ്ഞ് വെളിപ്പെടുത്തിയ എന്താണ് പരിശുദ്ധ എന്ന് പറയാൻ പറ്റും സർവകൽപ്പനാശൂന്യം അതാണ് പരിശുദ്ധ ബന്ധം കൽപ്പനകളാണ് ബന്ധവും മോക്ഷവും സർവ്വതും ആ സർവകല്പനാരഹിതമായിരിക്കുന്നതാണ് പരിശുദ്ധ ആ പരിശുദ്ധമായിരിക്കുന്ന തത്വത്തെ വെളിപ്പെടുത്തുകയാണ് അതൊരുവന് വെളിപ്പെട്ടാൽ അത് സമയം എന്ന് പറയും അത് സഫലമാണോ അതവന് ഈ മായാമോഹത്തിൽ നിന്നും മോചിപ്പിക്കുന്നു അവന് ഈ അവിദ്യ മറയെ മാറ്റുന്നു അവന് പരമാർത്ഥം വെളിപ്പെടുന്നു അവന് മാത്രമേ പരിശുദ്ധി അവന്റെ പൂർണ്ണതയും നിലനിൽക്കുന്നുള്ളൂ ഈ ദൃശ്യങ്ങളിൽ ഒന്നും പരിശുദ്ധി ദ്രഷ്ടാവൻ മാത്രമേ ഉള്ളൂ പരിശുദ്ധി പരിശുദ്ധേവ ഉപസംഹൃതോഭോതി ഇതിലൂടെയെല്ലാം പരിശുദ്ധിയെ വെളിപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതാണ് ശ്രദ്ധയുടെ താല്പര്യം അതുകൊണ്ട് പറയുന്നത് അന്വേഷണം ഏത് തരത്തിലും ആകാം ദോഷമൊന്നുമില്ല വിജുത അവിധുതങ്ങൾക്ക് അപ്പുറമാണെന്നുള്ള തലത്തിലോ സർവപ്രത്യങ്ങൾക്കും ദൃഷ്ടാവെന്നുള്ള തലത്തിലോ ഏത് തരത്തിലുമാണ് ഇവിടെ ശ്രുതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ശ്രുതി നമുക്കെന്തെങ്കിലും പുതിയ അറിവുകളെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നു അതിവിടെ സംഭവിക്കുന്നില്ല കാരണം നമ്മളെന്ത് അറിവ് കൂട്ടിച്ചേർത്താലും ശരി ഇന്ന് വരെയുള്ള നമ്മുടെ അറിവിനോട് പുതിയ എന്തെങ്കിലും അറിവ് കൂട്ടിച്ചേർത്താൽ അതെല്ലാം ഈ സർവ പ്രത്യേകത്തിൽ അന്തർഭവിച്ചത് അതെല്ലാം അതിനു ശ്രദ്ധ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടെന്താ വിശേഷം ഇപ്പ തന്നെ ഈ ജാഗ്രത എന്ന് പറയുന്നത് അറിവിന്റെ ഒരു പ്രവാഹമാണ് ഇതിൽ പുതിയ അറിവുകൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം അത് ഈ അറിവുകളിൽ നിന്ന് വ്യത്യസ്തമൊന്നും ഇല്ല എത്ര ശ്രേഷ്ഠമായ അറിവായ ശ്രുതി എന്താ ചെയ്യുന്നത് ഈ അറിവുകളെ നിരാകരിക്കാണ് ശ്രുതി പറയുന്നത് ഈ അറിവുകൾക്കെല്ലാം സാക്ഷിയാണ് നീ എന്നാണ് ഇനി പറയും ശ്രുതി ചെയ്യുന്നത് ആരോപണ നിരാകരണമാണ് ചെയ്യുന്നത് ഈ സർവ പ്രത്യങ്ങളും ആരോപങ്ങളാണ് അതിൽ പുതിയ അറിവിനെ കൂട്ടിച്ചേർത്തിട്ട് കാര്യമില്ല അതൊരു ആരോപമായി നീക്കത്തി ശ്രുതി നൽകുന്ന വിവേകമെന്ന് പറയുന്നത് ഈ റിവിന്റെ നിരാകരണമാണ് ഈ സർവപ്രത്യം കൊണ്ട് നിരാകരണമാണ് ആ നിരാകരണത്തിൽ ശേഷിക്കുന്നതാണ് എന്ന് സ്വസ്വരൂപത്തെ ശ്രുതിബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതൊരു പുതിയ അറിവിനെ ഉണ്ടാക്കുക അതുകൊണ്ട് ഇമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കുക മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവിനെ സഞ്ചയിക്കുക അതുപോലെയുള്ളൊരു കാര്യമല്ല ഇവിടെ ശ്രുതി ചെയ്യുന്നത് നമ്മൾ അറിവ് സമ്പാദിച്ച വേദത്തെക്കുറിച്ച് ശാസ്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിവ് സമ്പാദിച്ചാൽ നമ്മുടെ അറിവിന് കനം കൂടും അതുകൊണ്ട് വിശേഷിച്ച് ഗുണമൊന്നും ഇതിലൂടെ ആത്മലാഭം അല്ല അതനാത്മലാഭമാണ് ഇവിടെ ശ്രുതി അതല്ല ശ്രുതി സർവ നിരാകരിക്കുകയാണ് ഭ്രാന്തിയെ നിരാകരിക്കുകയാണ് സ്വസ്വരൂപത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഭ്രാന്തിയെ ആ സ്വരൂ സ്വരൂപത്ത് വെളിപ്പെടൽ എന്ന് പറയുന്നത് അത് ഇതിനോട് ചേരുന്നതല്ല ഈ സർവപ്രത്യങ്ങളോടും ചേരുന്ന ഒരു അറിവല്ല എന്തുകൊണ്ട് അത് ഈ സർവപ്രത്യങ്ങളെ ഹനിക്കുന്ന ഒന്നാണ് അത് ആർജിതമായ ഒന്നല്ല അതുകൊണ്ടാണ് അതിനെ സ്വയം പ്രകാശം എന്ന് പറയുന്നത് അതിനുള്ളൊരു യത്നം എന്നുള്ളതിനു നമ്മൾ ശ്രമിക്കുന്നു പല അറിവുകളെയും ആർജിക്കാൻ ശ്രമിക്കുന്നു അതൊന്നുമില്ല ആത്യന്തികം അതന്നെ ശ്രുതി ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിന് ഇത്രേ പറയാനുള്ളൂ എന്താണോ സർവപ്രത്യേക ദർശി സർവപ്രത്യേക സാക്ഷി സർവപ്രത്യേക പ്രത്യേകാത്മാ അങ്ങനെ സ്വസ്വരൂപത്തെ അത് ബോധിപ്പിക്കുകയാണ് പിന്നീട് ഭാഷകാലം പറയുന്നതാണ് പ്രകാശത്തെ പ്രകാശിപ്പിക്കാൻ പ്രകാശത്തിന്റെ ആവശ്യമില്ല പലതവണ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും അത് പ്രകാശത്തിന് വേണ്ടി മറ്റൊരു പ്രകാശത്തെ ശ്രുതി കൊണ്ടുവരികയല്ല ചെയ്തു അത് നിഷ്ഫലമാണ് അതന്നെ ഇവിടെ സംഭവിക്കുന്നത് ഈ പ്രകാശത്തിനുള്ള ആഭരണം അതിനെ മാറ്റുകയാണ് ശ്രദ്ധിച്ചത് അതിനെ മാറ്റുന്ന ആ സമ്യക് ദർശനം അത് ഈ പ്രത്യേകങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നല്ല ഈ പ്രത്യേകങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണെങ്കിൽ അതിന് ഇതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല അത് ഈ പ്രത്യേകങ്ങളോട് ചേരുന്ന ഒന്നല്ല അതാണ് വ്യത്യാസം നമ്മൾ അറിവിനെ ആർജിക്കുന്നു ആ അറിവ് നമ്മുടെ അജ്ഞാനത്തെ മാറ്റുന്നുണ്ട് നമ്മുടെ അനുഭവമാണ് എന്തുകൊണ്ട് നമ്മൾ ആർജിക്കുന്ന ഓരോ അറിവും ഈ അജ്ഞാനത്തിനൊരു മുതൽക്കൂട്ടാണ് അത് അതിനോട് ചേരും അതിനോട് ചേർന്നു കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേരുന്ന നല്ലവനും കള്ളനായി മാറും എന്ന് പറയുന്നത് ഈ പ്രത്യങ്ങളോടുകൂടി ചേരുന്ന ചേർന്നാൽ അത് ഈ പ്രത്യത്തിന്റെ ഭാഗമായി നീ ശ്രുതിയുടെ വെളിപാടങ്ങനെയല്ല അതിന്റെ പാടെ നിരാകരിക്കുന്നതാണ് അപ്പം അത് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതല്ല ആത്മബോധം ആത്മബോധത്തിൽ നിന്നും വിലക്ഷണമാണ് എന്നാണ് പറയുന്നത് കാര്യം അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഒരാൾ പരാതി പറയുകയാണ് എനിക്കങ്ങനെ ഒരു ആത്മബോധം അങ്ങനെ ഒരു വെളിപ്പെടുന്ന ഒരു ആത്മബോധം എന്നും സംഭവിക്കുന്നില്ല ഞാൻ ആർജിക്കുന്ന ബോധങ്ങളെല്ലാം എൻ്റെ അനാത്മബോധങ്ങളോട് ചേർന്ന് പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനാണ് മുമ്പ് സമാധാനം ഇവിടെ തന്നെ വ്യക്തമായ സമാധാനം ഭാഷകാലം പറഞ്ഞത് അപ്പൊ സ്വഭാവ ദോഷക്ഷയം അപേക്ഷതയും അങ്ങനെ ചെറിയ കാര്യം കൂടി അവിടെയുണ്ട് ഒരു ശ്രുതി അതിനെ യഥാർത്ഥ രൂപത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു അതിങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല സർവപ്രത്യങ്ങളുടെയും സാക്ഷിയായിരിക്കുന്നു എന്ന് പറയുന്നു സർവപ്രത്യങ്ങളിലും ഇതനുസമായിരിക്കുന്നു എന്ന് പറയുന്നു സർവപ്രത്യങ്ങളും ഇത് തന്നെയാണെന്ന് പറയുന്നു സർവമെന്നോ പ്രത്യമെന്നോ പറഞ്ഞ് വേർതിരിക്കാൻ മയ്യ എന്ന് പറയുന്നു ഇങ്ങനെ പലതരത്തിൽ പറയാം ഇതെല്ലാം ശരിയാണ് ഇതിൽ ഏത് ശരിയോ അത് ശരിയോ ഇത് ശരിയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല അത് ഏത് രീതിയിൽ പറഞ്ഞാലും തത്വം ഒരുവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അതുവരേക്കും ഇതുകൊണ്ട് വിശേഷിച്ച് ഒന്നിനും മേന്മയില്ല ആ തത്വം പ്രകാശിച്ചാൽ തുടർന്നൊരു ബോധ്യപ്പെടലിൻ്റെ ഏതെങ്കിലും പ്രക്രിയകളെ ആശ്രയിക്കേണ്ട ആവശ്യവും വരുന്നുണ്ട് അതുകൊണ്ട് ശ്രുതി പറയുന്നുഹേ ശ്രോത മതേഹേ മന്ത വിജ്ഞാതേഹ് വിജ്ഞാത ഇതിഹി ശ്രുത്യന്തരം അങ്ങനെയുണ്ട് ശ്രുതികൾ ഭാഷകാലം പറഞ്ഞിട്ടുണ്ടോ സർവ്വ പ്രത്യേക ദൃശി സർവപ്രത്യേക സാക്ഷി പ്രത്യേക പ്രത്യേക ആത്മാ എന്നെല്ലാം പറഞ്ഞതിന് ശ്രുതിബലം ഉണ്ട് അതിന്റെ കൽപ്പനയല്ല ഇത് സത്യനിഷ്ഠന്മാരുടെ ഉപദേശമാണ് അങ്ങനെ ദൃഷ്ടേഹിയ ദൃഷ്ട ദൃഷ്ടിയുടെ ദുഷ്ടാവായിരിക്കുന്നു നമ്മുടെ സർവ്വ അറിവുകളും ആ ദൃഷ്ടിയാണ് എന്റെ ദൃഷ്ടി എന്ന് പറയാൻ എന്റെ അറിവ് അതിന്റെ ദൃഷ്ടാവ് എവിടെയാണോ അത് നിക്കുന്നത് അതാണ് പ്രതിബോധ വിദിതമായിരിക്കുന്നത് പ്രതിബോധ വിജിതമായ സമയക് ദർശനം അതാണ് ശ്രുതിയുടെ ശ്രോതാവ് എല്ലാ കേൾവികളുടെയും കേൾവിക്കാർ മത്തെഹേ മന്ദ സർവമനനസാക്ഷി വിജ്ഞാതേ ഹെ വിജ്ഞാത സർവ സാക്ഷാത്കാരങ്ങളെയും സാക്ഷാത്കരിച്ചിരിക്കുന്നവൻ സർവ അനുഭവങ്ങളുടെയും അനുഭവിത അനുഭവിക്കുന്നവൻ ഇതേ ശ്രീന്ദ്ര ശ്രുതിയാതിനെയാണ് ബോധിപ്പിക്കുന്നത് ഇതാണ് ഇതിനെ സംബന്ധിച്ച് ശ്രുതിക്ക് പരമാവധി ബോധിപ്പിക്കാനുള്ളത് അങ്ങനെ ബോധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ശ്രുതി ഈ അനാത്മബോധത്തെ നിരാകരിക്കുന്നു ആ അനാത്മബോധത്തിൻ്റെ നിരാകരണത്തിൽ ശേഷിക്കുന്നത് അതാണ് പരമാർത്ഥം അതാണ് നിന്റെ സ്വരൂപം അതാണ് ബ്രഹ്മം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അമൃതത്വം ഹി വിന്ദിന്ദ വി അമൃതം